വിശ്വസിക്കുകയും വിശ്വാസത്തോടെ തങ്ങളുടെ സന്തതികൾ അവരെ പിന്തുടരുകയും ചെയ്തവരോടൊപ്പം അവരുടെ സന്തതികളെയും ഞങ്ങൾ ചേർക്കും അവരുടെ കർമ്മങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതുകൊണ്ട് പണയപ്പെട്ടവനാണ്